ധിപന്മാർ അധ്യായം ഒന്ന് യോശുവയുടെ മരണശേഷം ഇസ്രയേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു യഹൂദ പുറപ്പെടട്ടെ ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു യഹൂദ തന്റെ സഹോദരനായ ോനോട് എന്റെ അവകാശ ദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടു കൂടെ പോരേണം നിന്റെ അവകാശ ദേശത്ത് നിന്നോടു കൂടെ ജ്ഞാനം വരാം എന്നു പറഞ്ഞു ഷിമയോൻ അവനോടുകൂടെ പോയി അങ്ങനെ യഹൂദ പുറപ്പെട്ടു യഹോവ കനാന്യരെയും പെരിസ്ഥിരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ ിൽ വച്ച് അവരിൽ പതിനായിരം പേരെ സംഹരിച്ചു ബേസക്കിൽ വച്ച് അവർ അധോനി ബേസക്കിനെ കണ്ടു അവനോട് യുദ്ധം ചെയ്തു കനാന്യരെയും പെരിസിരെയും സംഹരിച്ചു എന്നാൽ അതോനി ബേസക് ഓടിപ്പോയി അവർ പിന്തുടർന്ന് പിടിച്ചു അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചുകളഞ്ഞു കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച എഴുപത് രാജാക്കന്മാർ എന്റെ മേശയും കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവമെനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് അധോനി പറഞ്ഞു അവർ അവനെ കൊണ്ടുപോയി അവിടെ വച്ച് അവൻ മരിച്ചു യഹൂദ മക്കൾ നേരെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിന്റെ വൈത്തലയാൽ വെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു അതിന്റെ ശേഷം യഹൂദ മക്കൾ മലനാട്ടിലും തെക്കേദേശത്തിലും താഴ്വീതിയിലും പാർത്തിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാന്യരുടെ നേരെയും ചെന്നു ഹെബ്രോന് പണ്ട് കിരിയത്ത് അർബ എന്നുപേർ അവർ ശേഷായി അഹിമാൻ തൽമായി എന്നവരെ സംഹരിച്ചു അവിടെ നിന്നവർ ദബീർ നിവാസികളുടെ നേരെ ചെന്നു ദബീറിന് പണ്ട് കിരിയത്ത് സേഫർ എന്നുപേർ അപ്പോൾ കാലേ കിരിയത്ത് സേഫർ ജയിച്ചടക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും എന്നു പറഞ്ഞു കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അതു പിടിച്ചു അവൻ തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു അവൾ വന്നപ്പോൾ തന്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു അവൾ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു അവൾ അവനോട് ഒരു അനുഗ്രഹം എനിക്ക് തരയണമേ നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത് നീരൊറവുകളും എനിക്ക് തരയണമേ എന്നു പറഞ്ഞു കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരൊറവുകൾ കൊടുത്തു മോശയുടെ അളിയനായ കേന്യന്റെ മക്കൾ യഹൂദ മക്കളോടുകൂടെ ഈന്ത പട്ടണത്തിൽ നിന്ന് അരാതിന് തെക്കുള്ള യഹൂദ മരുഭൂമിയിലേക്ക് പോയി അവർ ചെന്ന് ജനത്തോടുകൂടെ പാർത്തു പിന്നെ യഹൂദ തന്റെ സഹോദരനായ ഷിമയോനോടുകൂടെ പോയി അവർ സെഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ വെട്ടി അതിനെ നിർമ്മൂലമാക്കി ആ പട്ടണത്തിന് ഹോർമ എന്ന് പേറിട്ടു യഹൂദ ഗസയും അതിന്റെ അതിർനാടും അസ്കലോനും അതിന്റെ അതിർ നാടും പിടിച്ചു യഹോവ യഹൂദയോടുകൂടെ ഉണ്ടായിരുന്നു അവൻ മലനാട് കൈവശമാക്കി എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല മോശ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൻ കൊടുത്തു അവൻ അവിടെ നിന്ന് അനാക്കിന്റെ മൂന്ന് പുത്രന്മാരെയും ഇന്നുവരെ മക്കളോടുകൂടെ യോസെഫിന്റെ ഗ്രഹം ബെഥലിലേക്ക് കയറിച്ചു യഹോവ അവരോടുകൂടെ ഉണ്ടായിരുന്നു യോസെഫിന്റെ ഗ്രഹം ബേധയൽ ഒറ്റുനോക്കുവാൻ ആളയച്ചു ആ പട്ടണത്തിന് മുമ്പേ ലൂസ് എന്ന പേരായിരുന്നു പട്ടണത്തിൽ നിന്ന് ഇറങ്ങിവരുന്ന ഒരുത്തനെ ഒറ്റുകാർ കണ്ട് അവനോട് പട്ടണത്തിൽ കടപ്പാൻ ഒരു വഴി കാണിച്ചു എന്നാൽ ഞങ്ങൾ നിന്നോട് ദയചെയ്യും എന്ന് പറഞ്ഞു അവൻ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു അവർ പട്ടണത്തെ വാളിന്റെ വായിത്തലയാൽ വെട്ടിക്കളഞ്ഞു ആ മനുഷ്യനെയും അവന്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു അവൻ ഹിത്യരുടെ ദേശത്ത് ചെന്ന് ഒരു പട്ടണം പണിത് അതിന് ലൂസ് എന്ന് പേരിട്ടു അതിന് ഇന്നുവരെ അതുതന്നെ പേർ മനസ് ബെത്ഷയാനിലും അതിന്റെ ഗ്രാമങ്ങളിലും താനാക്കിലും അതിന്റെ ഗ്രാമങ്ങളിലും ോരിലും അതിന്റെ ഗ്രാമങ്ങളിലും ഇബ്ലയാമിലും അതിന്റെ ഗ്രാമങ്ങളിലും മെഗിദോവിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല കനാന്യർക്ക് ആ ദേശത്തു തന്നെ പാർപ്പാനുള്ള താൽപര്യം സാധിച്ചു എന്നാൽ ഇസ്രയേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെക്കൊണ്ട് ിത്രോനിലും നഹലോലിലും കനാന്യ ഊഴിയവേലക്കാരായി തീർന്ന് അവരുടെ ഇടയിൽ പാർത്തു ആഷേർ അക്കോവിലും ിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫീക്കിലും രഹോബിലും അവരെ നീക്കിക്കളയാതെ ആശ്ചേര്യർ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു നഫ്താലി ബെത്ഷമേസിലും ബെത്ത് പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു എന്നാൽ ബെത്സമേഷിലെയും ബെത്ത് അനാത്തിലെയും നിവാസികൾ അവർക്ക് ഊഴിയ വേലക്കാരായി തീർന്നു അമൂര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല അങ്ങനെ ർക്ക് ഹർഹേരസിലും അയ്യാലോനിലും ഷാൽബീമിലും പാർപ്പാനുള്ള താൽപര്യം സാധിച്ചു എന്നാൽ യോസെഫിന്റെ ഗ്രഹത്തിന് ബലം കൂടിയപ്പോൾ അവരെ ഊഴിയ വേലക്കാരാക്കി തീർത്തു അമൂര്യരുടെ അതിർ അഖർബീം കയറ്റവും സേലയും മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു